സൃഷ്ടഗ്രഹം അപ്പം അവിദ്യവൃതം ചേത് നവികി തീകൃത പരാനുപേക്ഷം ജാഗ്രസ്വപ്നം സ്വാഭാവിക ഭാഷ്യകാരം വിശദീകരിക്കും യഥിയതെന്നാണ് യു അന്യാപേക്ഷ സ്വരൂപം ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഷുക്തി അവസ്ഥയിലുള്ള ആത്മാവ് അത് ആത്മാവിന്റെ അന്യാപേക്ഷ സ്വരൂപം ആ സുഷുക്തിയിൽ അത് മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു തത് ആ സുഷുത്തിയിലുള്ള ആ സ്ഥിതി അത് തസ്യ തത്വം അത് ആത്മാവിൻ്റെ യാഥാർത്ഥ്യമാണ് ഇത് അന്യാപേക്ഷം ജാഗ്രത് അതേ ആത്മാവ് ഈ ശരീരത്തോട് തഥാന്യപ്പെട്ട് അഹം മമ ഇങ്ങനെ അനുഭവപ്പെടുന്നു തത്വം അത് പരമാർത്ഥമല്ല എന്തുകൊണ്ട് അന്യാഭാവി അഭാവ ഈ അഹം മമ ഇത് ഇതിന് കാരണമായിരിക്കുന്ന അവിദ്യയും മറ്റും ഇല്ല എങ്കിൽ അഭാവ ഈ ഭാവവും ഇല്ല ജാഗ്രത്തിലും സ്വപ്നത്തിലും അഹമെന്നുള്ള ഭാവം എന്തുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന അവിദ്യ എന്നുള്ളത് അന്യഭാവേ അവിദ്യയില്ലെങ്കിൽ അഭാവ അഹം മമ എന്നിങ്ങനെയുള്ള ദേഹത്താതാത്മ്യം ഇതില്ല അത് നേരെ ചോദിച്ചു ദ്വിതീയ ചന്ദ്രൻ അതില്ല എന്നുള്ള അനുഭവം ഇല്ലല്ലോ പറഞ്ഞു തിമിരദോഷമുള്ളതാണ് അവിദ്യാദോഷമുണ്ടെങ്കിൽ അവിടെ ദേഹത്തിൽ അഹംബുദ്ധിയുണ്ടാവും മമന ഉണ്ടാവും പ്രപഞ്ചത്തിൽ സത്യത്വ ബോധമുണ്ടാവും അവിദ്യയില്ലെങ്കിലോ അന്യാഭാവിയ ഭാവ അവിദ്യ ഇല്ലെങ്കിൽ അതില്ല അതിന് ദൃഷ്ടാന്തമാണ് സുഷുതി അവിടെ ദേഹത്തിൻ്റെ അഭിമാനമില്ല മമതയില്ല പ്രപഞ്ച ഭാനമില്ല എന്തുകൊണ്ടത് അതിനെല്ലാം കാരണമായിരിക്കുന്ന എന്തോ അതവിടെയില്ല അവിടെ കേവലമായ ആത്മാവ് മാത്രം തസ്മാ സ്വാഭാവിക സ്വാഭാവികത്വ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ് ഇതുവരെ അതിന് വ്യാഖ്യാനിക്കുന്നത് എന്താ ഈ സ്വാഭാവികം എന്ന് പറയുന്നത് സ്വാഭാവികത്വ എന്ന് പറഞ്ഞ ഇതുവരെ ഉള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം ആ സ്വാഭാവികം എന്ന് പറഞ്ഞതിന് മനസ്സിലാക്കേണ്ടത് ജാഗ്രസ്വപ്നവ് സുഷുപ്തി വിശേഷ അതുകൊണ്ട് ജാഗ്രതയും സ്വപ്നത്തിലെയും പോലെ സുഷുപ്തിയിൽ വിശേഷ ഗ്രഹണമില്ല അഹന്തയില്ല ഗ്രഹണമെന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അഹന്തയാണ് അഹംസ്ഫുരണം അതാണ് ജീവന്റെ പ്രാഥമികമായ ഗ്രഹണം അത് ഇവിടെ വിശേഷമുണ്ട് അതിന് തുറന്നു വരുന്ന വികാരങ്ങളും മറ്റും അതില്ല എന്ന സുഷു സുഷൃത്തിയിൽ അതില്ല ജാഗ്രത്തിൽ അതുണ്ട് അതുകൊണ്ട് ആത്മാവ് സുഷുതിയിൽ സ്വയം പ്രകാശിക്കുന്നു അഹന്ത മമതാദികളൊന്നും കൂടാതെ കേവലമായി പ്രകാശിക്കുന്നു അതിന്റെ സ്വരൂപ സ്ഥിതിയിലാണ് അതുകൊണ്ട് ഈ അവിദ്യ അല്ലെങ്കിൽ മായ മാറി മാറുന്ന ഒന്നും അഹന്തയും മമതയും ഇല്ലാത്ത ഒന്നും പ്രപഞ്ചഭാനം ഇല്ലാത്ത ഒന്നും അങ്ങനെയൊന്നുണ്ടോ ഉണ്ടെങ്കിലല്ലേ ആത്മാവിനെ അംഗീകരിക്കാൻ പറ്റൂ എന്നുള്ള ചോദ്യത്തിനാണ് ഇതുവരെ സമാധാനം പറഞ്ഞത് അതൊരു ജീവന് സദാ അനുഭവത്തിലുള്ളതാണ് തൻ്റെ നിർവീകാരമായ സ്വരൂപം അതുകൊണ്ടാണ് ആത്മാവിനെ നിർവികാരം നിർവികൽപം എന്തെല്ലാം പറയുന്നു എന്തുകൊണ്ട് അഹം വന്നുകഴിഞ്ഞാൽ അതവിടെ വികല്പമായി വികാരമായി അഹമില്ലാതിരുന്നത് നിർവികാരമായി നിർവികൽപമായി അഹമില്ലാത്ത നിർവികൽപ്പവസ്ഥയിൽ ഈ പ്രാണികളെല്ലാം പ്രദക്ഷിണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ വിദുഹു അവനറിയുന്നില്ല സതി സമ്പദ്മഹേ ഞാൻ ആ ഏകമായ കരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു ഇക്കാര്യം അവനറിയാൻ കഴിയുന്നില്ല അതറിയണമെങ്കിൽ ജാഗ്രതയുടെ ജ്ഞാനമേ എന്താ എന്റെ പ്രയോജനം അത് ഭയ സംസാര അജ്ഞാനം ഇതിന്റെ എല്ലാം നിവൃത്തി മറിച്ചാണെങ്കിലോ അതാണ് അടുത്ത് പറയുന്നത് പുനഃ ഈശ്വരോ അന്യഹാത്മന കാര്യം ഭയ അനുവ അന്യനിമിത്തേശാം പുനർ ഈശ്വര അന്യഹാത്മനഹ നീ അങ്ങനെ ചിലർ വെറും പാമരന്മാരായ ആൾക്കാരല്ല ആത്മീയബോധമുള്ളവര് തന്നെ തത്വചിന്തകന്മാർ എന്ന് കരുതുന്നതാണ് ഈശ്വര അന്യഹാത്മനാണ് ആത്മാവിൽ നിന്നും അന്യനാണ് ഈശ്വരൻ തന്നിൽ നിന്നും അന്യനാണ് ഈശ്വരൻ എന്ന് കരുതുന്നത് തന്നിൽ നിന്ന് അന്യമാണ് ഈശ്വരൻ മാത്രമല്ല കാര്യം ഈ പ്രപഞ്ചം താൻ കാണുന്നതെല്ലാം തന്നെ അന്യമാണ് അങ്ങനെ ചിലർ കരുതുന്നു പറയുമ്പോൾ ഇത് ജീവന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് അദ്വൈതി ഇതിനെക്കുറിച്ചെല്ലാം താത്വമായി ചിന്തിച്ചിട്ട് നിഷേധിക്കുന്നു പക്ഷെ അദ്വൈതം പറയുന്നവനും എന്താണോ കാര്യം ചന്യത് താൻ കാണുമ്പോ ഈ പ്രപഞ്ചത്തെ കാണുമ്പോ തന്റെ ശരീരത്തെ കാണുമ്പോൾ അന്യരെ കാണുമ്പോ എല്ലാം അന്യമായിട്ടാണ് കാണുന്നത് താനായിട്ടല്ല गान। गान। गान। ും അതുപോലെ കാണുന്നു അന്യനായി കാണുന്നു തേഷാം ഭയ നിവൃത്തി അവർക്ക് ഭയനിവൃത്തി ഉണ്ടാകുന്നില്ല ഈശ്വരനെ അന്യനായി കാണുന്നിടത്തോളം കാലം ഭയനിവൃത്തി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഭയസ്യ അന്യനിമിത്തത്വ ഭയത്തിനു കാരണമായിരിക്കുന്ന അന്യം നേരത്തെ പറഞ്ഞത്യാ ഭയംഭവതി അന്യത്വബോധം ഇവിടെയുണ്ടോ അവിടെ ഭയം വരും ഇവിടെ ആത്മജ്ഞാനത്തെക്കുറിച്ച് ജീവൻ മുക്തിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും ഇതിന്റെ എന്താ പ്രയോജനം സാർ നമ്മൾ പറയും സംസാരം ഇവിടെ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം ഇത് പറയും ജനന മരണങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവല ഊഹമാണ് മുൻജന്മം ഒന്നും അറിയില്ല ഇനി വരാപ്പോകുന്ന ജന്മങ്ങളുണ്ടോ ഒന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല ശാസ്ത്രത്തിൽ വിശ്വസിച്ചാൽ അത് അതിന് ശ്രദ്ധയുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം അതിനെ യുക്തി അംഗീകരിക്കാൻ പോയാൽ യുക്തി കൊണ്ട് ശാസ്ത്രം കൊണ്ട് അംഗീകരിക്കാൻ പോയാൽ ശാസ്ത്രം കൊണ്ട് നിഷേധിക്കും ഒന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല എല്ലാം കേവലം ശ്രദ്ധയാശ്ര ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ സംസാര നിവൃത്തി എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും കാരണം ജനന മരണങ്ങളെ സംബന്ധിച്ച് ഈ വർത്തമാന ജനനവും മരണവും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു ഉറപ്പില്ല മരണശേഷം എന്ത് സംഭവിക്കുന്നു ആർക്കറിയാം വ്യക്തമായ യുക്തിയുക്തമായ ഒരു സമാധാനം അതിന് നൽകാൻ ആർക്ക് സാധ്യമല്ല നൽകാം പക്ഷെ അതിനെല്ലാം നിഷേധിക്കാൻ കഴിയും നിഷേധിച്ചാൽ വീണ്ടും സമർത്ഥിക്കാൻ കഴിയും ഇത് ഒരു തർക്കത്തിന്റെ വിഷയങ്ങളാണ് അവന് സംസാരം നിവൃത്തി എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഭാഷകാരിൽ പറയുന്നത് സംസാര നിവൃത്തി എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം പ്രത്യക്ഷമാണ് അത് ഊഹാപങ്ങൾക്കൊന്നും വിഷയമല്ല ഇനി ജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജന്മം ഉണ്ടാകും എന്നാദ്യം തെളിയിട്ടെ അതിങ്ങനെ തെളിയിക്കി അടുത്തിന് നോക്കാതെ തെളിയുകയാണ് അത് വ്യക്തമാകത്തില്ല ആ ഗുരു പറഞ്ഞിരിക്കുന്നു ഇനി അടുത്ത് ജന്മം ഉണ്ടെന്ന് ശരി ശ്രദ്ധയുടെ കാര്യമാണ് വിശ്വാസത്തിന്റെ കാര്യമാണ് അതങ്ങനെ ആകാം പക്ഷേ അത് സ്വാനുഭവമല്ല ഒരാൾ പറഞ്ഞതിനെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് സ്വാനുഭവമല്ല സ്വാനുഭവത്തിൽ അതൊന്നും വരുന്നില്ല ജീവനെ സംബന്ധിച്ചിടത്തോളം തന്റെ കയ്യിലുള്ള എന്താണോ വർത്തമാന ജന്മം അതിലെ ജനനം അതിലെ മരണം ഇന്ന് സംസാര നിവൃത്തി എന്താണോ സ്വാനുഭവം പറയുന്നു ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം സ്വാനുഭവം സംസാരം നിവൃത്തി ഭയം നിവൃത്തിയാണ് അത് സ്വാനുഭവമായിട്ട് വരാം ജീവിച്ചിരിക്കുമ്പോൾ ഭയം നിവൃത്തി അജ്ഞാനം നിവൃത്തി സ്വാനുഭവമായി വരാം സംശയം നിവൃത്തി സ്വാനുഭവമായിട്ട് വരാം അജ്ഞാന നിവൃത്തി എന്താ അജ്ഞാനത്തിൻ്റെ നിവൃത്തി സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തിൻ്റെ വൃത്തി അതാണ് അല്ല അജ്ഞാനം എന്നിവൃത്തിക്ക് വേറെ അർത്ഥങ്ങളൊന്നും എടുക്കില്ല അത് അതാണ് അജ്ഞാനെന്ന വൃത്തി ജ്ഞാനത്തിന്റെ ഫലമായി വരുന്ന അജ്ഞാനെന്ന് വൃത്തി അതാണ് താൻ ആരാണോ തന്റെ വാസ്തവ സ്വരൂപം എന്താണ് ഇക്കാര്യത്തിൽ സംശയം എങ്ങനെയാ സംശയം വരുന്നത് ഞാൻ ഈ ശരീരമാണോ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം കൂടിച്ചേർന്നതാണോ ഈ ശരീരനാശത്തോടു കൂടി എല്ലാം നശിക്കുന്നതാണോ ഇനി എന്തെങ്കിലും ശേഷിക്കുമോ അല്ലെ തലച്ചോറ് പ്രവർത്തിക്കുന്നു അവിടെ ബോധമുണ്ട് ജീവിച്ചിരിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു ബോധം അവസാനിച്ചു എല്ലാം അവസാനിച്ചു അങ്ങനെ പറയുന്നതിലൊരു യുക്തിയുണ്ട് അങ്ങനെ പറയുന്നതിന് ശാസ്ത്രത്തിൻ്റെ പിൻബലമുണ്ട് അപ്പോൾ അത് സംശയിക്കും അത് അങ്ങനെ ആയിക്കൂടെ എന്തിനാ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ് നിത്യശുദ്ധ മുക്തമായൊരാത്മാവ് അതാണ് താൻ എന്നൊക്കെ എന്തിനു കരുതണം എന്തേ അദ്വൈതം പഠിക്കുന്നവരേനെ പിന്നെ അത് ഉപേക്ഷിക്കും വിശ്വാസം വരുന്നില്ല അനുഭവത്തിനും വരുന്നില്ല ശാസ്ത്രത്തിൽ പറയുന്നത് ഗുരുപദേശിച്ചു പക്ഷെ തൻ്റെ സ്വരൂപം നിത്യമുക്ത സ്വരൂപമാണെന്നുള്ള അനുഭവം എന്താ അതാണ് സംശയം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ജ്ഞാനഫലം പ്രത്യക്ഷമാണ് ഇത്തരത്തിൽ വരുന്ന സംശയം അതിൻ്റെ നൃത്തി ഭ്രമം പലതരത്തിലുള്ള ഭ്രമം വരാം ഈ ശരീരത്തിനപ്പുറം ഒന്നുമില്ല ഇതുണ്ടായത് ഉടുകൂടി താൻ ജനിച്ചു ഇതില്ലാതാകുമ്പോൾ എന്നെ അവസാനിക്കുന്നു ഇത് തന്നെയാണ് ഇതിനപ്പുറം ഒന്നുമില്ല ഭ്രമം ഇതിൽ നിന്ന് പുലർത്തി ഭയം എന്ന് വിളത്തി ഇതൊക്കെയാണ് തത്വവിജ്ഞാനത്തിന്റെ പ്രത്യക്ഷമായ ഫലം ഇതിനെയാണ് മുക്തി എന്ന് പറയുന്നത് മുഖ്യമായി മുക്തി എന്ന് പറയുന്നതാണ് ഇതിൽ നിന്നെല്ലാം ഉള്ള മുക്തി എന്ത് അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി സംശയത്തിൽ നിന്നുള്ള മുക്തി ഭയത്തിൽ നിന്നുള്ള മുക്തി ഇത് തത്വജ്ഞാനം കൊണ്ടുണ്ടാകുന്നു അത് വിദ്വാന്റെ അല്ലാതെ ആത്മാവിന്റെ അനുഭവമുണ്ട് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമാണ് അതിനെ പിന്നെ അനുഭവിക്കാൻ ഒക്കത്തില്ല വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല പ്രകാശത്തിനൊരു ഉപയോഗമേ ഉള്ളൂ എന്താണ് ഇരുളിനെ ഇല്ലാതാക്കുക അല്ലാതെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതല്ല അത് സ്വയം പ്രകാശമാണ് അതുകൊണ്ട് ആത്മാവിന്റെ അനുഭവം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അത് മറ്റൊരു വിഷയമാണ് ഇവിടെ പറയുന്നെന്താണ് ഭയാനുവൃത്തിവൈതബോധം ഉള്ളിടത്തോളം കാലം രണ്ടാമതൊന്നിനെ കാണുന്നിടത്തോളം കാലം ഭയം ഉണ്ടായി അത് ഈശ്വരനായാലും ശരി അതാണ് യേശാം മനർ ഈശ്വര അന്യഹാർമ ഈശ്വരന് അന്യമായ കാണും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഭയാനി എന്തുകൊണ്ട് ഭയസീ അന്യനിമിത്തത്വ ഭയത്തിന് കാരണമെന്താണ് അന്യമായത് തന്നയമായതെല്ലാം ഭയത്തിന് കാരണമാണ് ശരീരം പോലും ഭയത്തിന് കാരണമാണ് എന്തുകൊണ്ട് ശരീരത്തെ ആശങ്കയാണ് ഇതിന് പ്രഷർ വരുമോ ഷുഗർ വരുമോ ഇതെന്തൊക്കെ വരും ഇത് നിലനിൽക്കുമോ ഇത് നശിക്കുമോ ഇതിന് കേടു വരുമോ എന്തുകൊണ്ട് ഇതിൽ അന്യത്തെ ബോധമുള്ളതുകൊണ്ട് ഭയക്കുന്നു ഭയന്നുകൊണ്ട് അതിന്റെ പ്രതിവിധികൾ ചെയ്യുന്നു ഇതൊന്നും വരാതിരിക്കാൻ എല്ലാം ചെയ്തിട്ടും ഇതെല്ലാം വരുന്നു അന്യനിമിത്തമാണ് ഭയം അത് ഈശ്വരനും പറയുന്നു ഈശ്വരൻ അന്യമായി കരുതിയാൽ അത് ഭയത്തിന് നിമിത്തമാണ് അപ്പൊ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകും അറിയുന്നത് ഭയത്തിന് നിമിത്തമെന്നല്ല ഇവിടെ പറയും ഈശ്വര ബോധം ഭയത്തിന് നിമിത്തം എന്നല്ല പറയും മനസ്സെന്താണോ മനസ്സിലാക്കാതിരുന്നാൽ അത് ഭയത്തിന് നിമിത്തമാണ് അതാണ് പറയുന്നത് നിമ്പു പറഞ്ഞു എന്താണോ ഈശ്വരനെ ഭയന്നിട്ടാണ് പ്രപഞ്ച മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭീഷാസ്മാതി തന്നെ പറഞ്ഞു സർവ്വതും ഈശ്വരനെ ഭയങ്കര സർവ്വതും ഈശ്വരന്റെ അധീനമാണ് എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത് ഭാഷകാരൻ ഈശ്വരനെ ഭയ ഭയക്കാൻ പാടില്ല അതെന്താ എന്റെ താല്പര്യം ഈശ്വരൻ ഭയത്തിന് കാരണമെന്നല്ല പറയുന്നത് ഈശ്വര തത്വത്തെ ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞ അത് ഭയത്തിന് കാരണമെന്നാണ് ദൈവദോഷമല്ല പറയുന്ന ഈശ്വരനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നവിടെ അതല്ല ചെയ്യുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം പഠിക്കുമ്പോ പലർക്കും തലതിരിഞ്ഞു പോകുന്ന ഇതുകൊണ്ടാണ് ഈശ്വരൻ ഭയത്തിന് കാരണമുണ്ടല്ല ഈശ്വര തത്വത്തെ ജീവൻ ശരിയായി ഗ്രഹിച്ചില്ല എങ്കിൽ അത് ഭയകാരണമാണ് ശരിയായി ഗ്രഹിക്കാതിരിക്കുന്ന എന്താണ് ആത്മതത്വം തന്നെ ഈശ്വര തത്വം എന്നാൽ ഈശ്വരൻ സർവവ്യാപിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർവവ്യാപിയായിരിക്കും ആ ഈശ്വരൻ തന്നെയാണ് തന്റെ സ്വരൂപമായി വിരിക്കുന്നത് ഇതാണ് തത്വം അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ ഈശ്വരനിൽ പിന്നെ അന്യത്വബോധമില്ല ഈശ്വര തത്വത്തിൽ അന്യത്വബോധമില്ല തത്വത്തിൽ അന്യഥാ ബോധം വരാൻ പാടില്ലാതാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു അത് ഭയത്തിന് കാരണമായി തരും എവിടെ അന്യത്വ ബോധം വരുന്നു അത് ഭയത്തിന് കാരണമായി തരി ആത്യന്തികമായി ഒരു തത്വം ആ ഒരു തത്വം തന്നെ സൃഷ്ട അതിൽ അനുപ്രവേശിച്ചു എന്ന് പറഞ്ഞു ഇപ്പൊ തത്വ രണ്ടാമ വഴിയില്ലല്ലോ സൃഷ്ടിച്ച അവൻ തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നു അത് മനസ്സിന് വെച്ചുകൊണ്ടുപോയി മനസിലാക്കാം സൃഷ്ടിച്ചത് വേറൊരാളാണ് ആ സൃഷ്ടിച്ച ആളെന്തെയ്തു സൃഷ്ടിയിൽ പ്രവേശിച്ച് വേറൊരാളായി മാറി അവിടെ പോലെയാണ് തകരാറുന്നത് സൃഷ്ടാവ് സൃഷ്ടിയിൽ പ്രവേശിച്ചു അവിടെ ദ്വൈതം വന്നു സൃഷ്ടാവ് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ ദൈതം വരും വാസ്തവത്തിൽ വരത്തില്ല എന്തുകൊണ്ട് സൃഷ്ടാവ് തന്നെ പ്രവേശിച്ചു പറയുന്നു വീട് വച്ചയാൾ തന്നെ വീട്ടിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ വീട് വെച്ചത് ഒരാളും പ്രവേശിച്ച് ഒരാളുമാവും അതൊരിക്കലും ആകത്തില്ല ഒരാൾ തന്നെ അത് തത്വം പരമാവധി പക്ഷേ ആ തത്വം മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ സൃഷ്ടിച്ചത് വേറൊരാളാണ് സൃഷ്ടിയിൽ ഇരിക്കുന്നത് വേറൊരാളാണ് എന്ന് മനസിലായി കഴിഞ്ഞാൽ അത് ഭയത്തിന് കാരണമാണ് അതാണ് ഇവിടെ പറയുന്നത് ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടിട്ടല്ല സർവശക്തനാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് പ്രാപ്തനാണ് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവനാണ് ബന്ധമോക്ഷങ്ങളെല്ലാം ജീവന് കൊടുക്കാൻ ശക്തിയുള്ളവനാണ് എന്നുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നു ഈശ്വരനെ ആരാധിക്കാൻ പാടില്ല എന്നല്ല പറയുന്നു അതൊന്നുമല്ല ഇതിൻ്റെ രണ്ടിന്റെയും തത്ത്വ ഒന്നാണെന്ന് മനസിലാകുന്നു പിന്നെ വ്യത്യാസം വരുന്നത് ഉപാധികൾ ഉപാധികളിൽ വരുന്ന വ്യത്യാസം അംഗീകരിച്ചേ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ീശ്വരനും ജീവനും ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഈശ്വരനില്ല ഒന്നെന്ന് പറയുന്നാൽ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ആത്മാവ് ഈശ്വരനൊന്നും എനിക്കില്ല എന്ന് പറയുന്നല്ല അദ്ദേഹം അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വരും കാരണം അവിടെ തന്നെ പറയുന്നു നീയും നായും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ വരുത്തം പറയൂ ഞാൻ നായാണോ നായി ഭക്ഷിക്കുന്നതേ കഴിഞ്ഞ് ഞാനും ഭക്ഷിക്കും അത് പറയൂ അതും അദ്വൈതമാണ് നായി പ്രവർത്തിക്കുന്നവരെയൊക്കെ ഞാനും പ്രവർത്തിക്കും എന്തുകൊണ്ട് അതെന്താ പറയാത്ത അദ്വൈതകളെന്താ അത് പറയാത്ത് ഞാൻ ഈശ്വരനും ഞാനും ഒന്നാണ് അതുകൊണ്ട് ഞാൻ ഈശ്വരനാണെന്ന് പറയുമെങ്കിൽ നായും ഞാനും ഒന്നായത് ഞാൻ നായാണെന്ന് എന്താ പറയാ അത് അദ്ദേഹമല്ലേ അത് സൗര കുറവും മറന്നുകളയും ഈശ്വരൻ ഈശ്വരൻ തന്നെ ജീവൻ ജീവൻ തന്നെ പക്ഷേ രണ്ടിലും ഇരിക്കുന്ന തത്വം ഒന്ന് എന്തുകൊണ്ട് സൃഷ്ടിച്ചവൻ അതിൽ അനുപ്രവേശിച്ചവൻ വ്യത്യാസമോടെ വരുന്ന ഉപാധികളിൽ വരുന്ന വ്യത്യാസം അത് അംഗീകരിച്ചാൽ മതിയാവും ഈശ്വരൻ്റെ ഉപാധി വേറെ എന്താണ് ഈശ്വരനിലവിടെ സർവജ്ഞത്വമുണ്ട് സർവശക്തിത്വമുണ്ട് ജീവന്റെ ഉപാധി വേറെ തന്നെ മനുഷ്യന്റെ ഉപാധി വേറെ നായുടെ ഉപാധി മനുഷ്യൻ നായി എന്നുള്ള ഭേദമുണ്ട് അവരുടെ ചിന്തയില് പ്രവൃത്തി എല്ലാം ഭേദം വന്നു സ്വാഭാധികമായ ഭേദമെന്ന് പറയുന്നു ആ സ്വാഭാധികമായ ഭേദത്തെ നിഷേധിക്കുക സ്വാഭാവികമായ ഭേദത്തെ നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതവിടെ ഉണ്ട് ഈശ്വരന് വേറെ ജീവൻ വേറെ നായി വേറെ മനുഷ്യന് വേറെ ഉപാധികൾ കൊണ്ടുള്ള ഭേദം അവിടെ ഉണ്ട് എന്നാൽ ഇതെല്ലാം പരമാർത്ഥമായ തത്വത്തിൽ വന്നു ഈ പരമാർത്ഥമായ തത്വത്തിൽ ഒന്നെന്ന് പറയുന്ന എന്തിനാ എന്തിനു വേണ്ടി അത് പറയുന്നു അത് കേവലം തത്വബോധത്തിന് വേണ്ടി മാത്രം തത്വബോധത്തിന് വേണ്ടി മാത്രം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ജീവന് ഈശ്വരനാകാൻ വേണ്ടിട്ടാണ് ജീവന്മാരെ തന്നെ രൂപത്തിലുണ്ട് മനുഷ്യർ പശു പക്ഷി ദേവന്മാർ ഗന്ധർവന്മാർ ശാസ്ത്രം പറയുന്നത് ശ്രദ്ധയുണ്ടല്ലോ ദേവന്മാർ ദേവികമാർ ജീവൻ നാനാരൂപത്തിലാണ് പല ഭാവത്തിലാണ് ഇതിനെല്ലാം ഉപരിയായി ഈശ്വരൻ സ്വാഭാവികമായ ഭേദം അതിങ്ങനെ നിലനിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിൽ ഒരു ജീവന് സാധിക്കുന്ന എന്താണ് വിശേഷം മനുഷ്യൻ അവന് മറ്റന്നാവാൻ പറ്റത്തില്ല അവന് നായാകാനും കഴിയത്തില്ല അവന് ഈശ്വരനാകാനും കഴിയത്തില്ല അവന് പക്ഷിയാകാൻ കഴിയത്തില്ല മൃഗമാകാൻ കഴിയത്തില്ല അവന് എന്താണോ ആയിരിക്കുന്നത് അതേ ആയിരിക്കാനേ കഴിയത്തുള്ളു എന്ത് കഴിയും സ്വന്തം വിവേകം കൊണ്ട് അവന് തത്വത്തെ മനസ്സിലാക്കും തത്വത്തെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യം അത് അവന് അംഗീകരിക്കേണ്ടി വരും അത് ഇവിടെ പറയുന്നു എന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു ജീവൻ മുക്തൻ ജീവൻ മുക്തനെന്ന് പറഞ്ഞാൽ ഇവിടെ ആര്യാ പറയുന്നത് തത്വജ്ഞാനം ഉണ്ടായി ഇതിന്റെ എല്ലാം പരമമായ തത്വം ഒന്നാണെന്ന് അറിഞ്ഞു തത്വജ്ഞാനം എന്താ അതുകൊണ്ടുള്ള വിശേഷം സ്വസ്വരൂപം ഇന്നതാണെന്ന് അവൻ ധരിച്ചു അതിന്റെ വിശേഷം എന്താ അവന്റെ അജ്ഞാന സംശയങ്ങളില്ലാതെ മുക്തി എന്ന് പറയുന്നത് ഈ അജ്ഞാന സംശയങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അതുകൊണ്ടാണ് ജ്ഞാനീ മുക്തനെന്ന് പറയുന്നത് ജ്ഞാനിമുക്തനെന്ന് പറയാം എന്തുകൊണ്ട് ജ്ഞാനം കൊണ്ട് സംഭവിച്ചതെന്താണ് അയാൾ അജ്ഞാനനാശം അജ്ഞാനനാശത്തെ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നു സംശയത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നു ഭയനിവൃത്തി എന്ന് പറയുന്നു ഇതൊക്കെയാണ് ആ ഒരു രീതി അവിടെയാണ് ജ്ഞാനീയ മുക്തനെന്ന് പറയുന്നത് ജ്ഞാനീ മുക്തനും ഒന്ന് തന്നെ എന്ന് പറയുന്നതാണ് അദ്വൈതത്തിൽ മറ്റു കാഴ്ചപ്പാടുകളിലല്ലോ ഞാനീ മുത്തനും ഒന്നു തന്നെ അവിടെ ഞാനി വേറെ മുക്തൻ വേറെ അങ്ങനെ ഞാൻ മുക്തൻ തന്നെ എന്തുകൊണ്ടാണ് ആ ജ്ഞാനം വെച്ച് ഏകത്വ ബോധം കൊണ്ട് എല്ലാം ഒരേ ഒരു തത്വം തന്നെ തത്വമാണ് മറ്റൊന്നുമല്ല താൻ ഈ ശരീരമല്ല മനുഷ്യനല്ല പട്ടിയല്ല ഈശ്വരനല്ല ഒന്നുമല്ല താണ് ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു സംശയങ്ങൾ നശിച്ചു അതിൽ നിന്നെല്ലാം ഉള്ള മുക്തി അത് മറ്റാരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല മറ്റാരുടെ സമ്മതിപത്ര ആവശ്യമില്ല സ്വാനുഭവമാണ് തന്റെ സ്വരൂപം എന്താണെന്നുള്ളതിനെ കുറിച്ച് സംശയം അത് ലഘുവായ കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നതുപോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല മറ്റു കാര്യങ്ങളാണ് നമുക്ക് തലവേദന ഉണ്ടാക്കുന്നത് ജ്ഞാനത്തിന്റെ ഉപയോഗവും അതാണ് ആ തത്വത്തെ സംബന്ധിച്ച് ജ്ഞാനവും വളരെ തുച്ഛമായ കാര്യമാണ് എന്തുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നത് അവിദ്യ എന്താണ് അത വാസ്തവത്തിലില്ലാത്തതാണ് അത് വാസ്തവത്തിലില്ലാത്ത അനുഭവം കൂടെ ഉണ്ടാക്കുന്നു അപ്പോൾ തുച്ഛമായ ഒന്നിനെ നശിപ്പിക്കുന്ന ഞാനും അതുപോലെ തുച്ഛമാണ് അങ്ങനെയുള്ളൊരു ജ്ഞാനം കൊണ്ട് അയാൾ അജ്ഞാന ഭയ അതികളിൽ നിന്ന് നിവൃത്തനായാൽ അയാൾക്ക് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാനൊന്നും കഴിയില്ല ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുന്നത് ഒക്കെ ആരാണോ ശാസ്ത്രമനുസരിച്ച് ഈശ്വരനാണ് ദേവന്മാരോ ദേവിന്മാരോ ശാസ്ത്ര പ്രമാണമനുസരിച്ച് ലോകപാലകന്മാരോ അവർക്കൊക്കെ കഴിയും അണിമാതി കൂടിയ അങ്ങനെയുള്ളവരുണ്ടെന്ന് പറയും അവർക്ക് കഴിയും ജീവനതിന് സാധ്യത അവന്റേതായ അജ്ഞാനം ആ ജീവൻ തന്നെ പരിച്ഛന്നനാണ് ഒരുപാട് പരിമിതികളുള്ളതാണ് ആ ജീവനിലുള്ള അജ്ഞാനം ആജ്ഞാനത്തെ നശിപ്പിക്കാൻ അവന് കഴിയും അജ്ഞാനം നശിക്കുമ്പോൾ അവന് ആ തത്വബോധം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അവന് ഇതിൽ നിന്നെല്ലാം ഉള്ള മുക്തി ഉണ്ടാവും അജ്ഞാന സംശയ കഥകളിൽ നിന്നും മുക്തി ഉണ്ടാവും അതവൻ്റെ അനുഭവമാണ് അത് മറ്റാരെങ്കിലും സമർത്ഥിക്കുകയോ മറ്റാരെങ്കിലും നിഷേധിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ അവൻ മുക്തനായിരുന്നാൽ ഈ പ്രപഞ്ച സ്വഭാവമൊന്നും മാറ്റാൻ കഴിയത്തില്ല അതിനുള്ള അഗ്നിയെ തണുപ്പിക്കാനോ ജലത്ത് ചൂടാക്കാനോ ഒന്നും കഴിയത്തില്ല പ്രപഞ്ച വ്യവഹാരങ്ങൾ നടക്കും എന്തിന് തൻ്റെ വിശപ്പോ ദാഹമോ പോലും മാറ്റിമറിക്കാൻ കഴിയത്തില്ല അതെല്ലാം അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെയാണ് അവന് ഈശ്വരനെ നിഷേധിക്കാൻ കഴിയുന്നത് ഇതെല്ലാം എങ്ങനെ നടക്കുന്നു അതുവരെ ഇതെല്ലാം എങ്ങനെയാ നടുന്നത് അതുവരെ തുടർന്നും നടക്കും അതിനാണ് പറയുന്നത് പ്രാരബ്ധം എന്ന് പറയുന്നത് ആ പ്രാരബ്ധം എന്തിനധീനമായി നടക്കുന്നു എന്തായാലും തന്റെ അധീനത്തിലല്ല അത് ഈശ്വരാധീനമായി നടക്കുന്നു ഈശ്വരൻ അവിടെ ഈശ്വരനായി തന്നെ നിൽക്കും എന്തുകൊണ്ട് തനിക്കെന്തുകൊണ്ട് ഇതൊന്നും മാറ്റിമറിക്കാൻ കഴിയുന്നില്ല തനിശ്വരനല്ല തനിക്ക് ഈശ്വര തത്വം ബോധ്യമൊന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഈശ്വരനായി ജീവൻ തന്നെ അജീവഭാവവും കിട്ടും ആ പരമാത്മാ ഭാവത്തെ ഗ്രഹിച്ചു മറ്റു കാര്യങ്ങളെല്ലാം ഈശ്വരാധീനമായി തന്നെ നടക്കും എന്തുകൊണ്ട് ഈശ്വരനെ ഉള്ളു സർവജ്ഞത്വം സർവശക്തിത്വം ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിനാവശ്യമുള്ള ആ വിശേഷതകളെല്ലാം ഈശ്വരനെ ഉള്ളു തന്നെ ഇല്ല താനീ തത്വത്തെ ഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ആ ജീവനിൽ അങ്ങനെയുള്ള യാതൊരു വിശേഷതകൾ സംഭവിക്കത്തില്ല തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കത്തില്ല അവർ അതൊരിക്കലും സംഭവിക്കത്തില്ല അതുകൊണ്ട് തത്വജ്ഞാനം ഒരിക്കലും ഈശ്വരനെ നിഷേധിക്കാൻ കഴിയത്തില്ല ഈശ്വരീയതയെ നിഷേധിക്കാൻ കഴിയത്തില്ല അതിനൊന്നുള്ള ശേഷി അതിന് ഭ്രമം വരാൻ പാടില്ല ഈശ്വരനെ അന്യനാണെന്ന് കരുതിയാൽ ഭയം വരുമെന്ന് പറയുന്നു ഇത് ഞാൻ പറയുന്നതല്ല എനിക്കറിയാൻ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സംശയമുണ്ട് ഇതൊക്കെ വാസ്തവാണോ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് യഥാ ചന്ദ്രേകത്വ ദർശന വായിക്കുകയാണ് ചന്ദ്രേകത്വ ദർശനം വരുന്നവന് തിമിരദോഷമില്ലാത്തവന് എന്താണ് അവൻ ദ്വിതീയ ചന്ദ്രോത അവൻ രണ്ടാമതൊരു ചന്ദ്രനെ കാണുന്നുണ്ടഗൃത ഈശ്വര അതുപോലെ ബ്രഹ്മവിത്ത് ഞാനേ വ്യതിരിക്തമായ ഒരു ഈശ്വരനെ കാണുന്നില്ല എന്നുവെച്ചാൽ ഈശ്വര തത്വം തന്നെയാണ് തന്റെയും തത്വവും പക്ഷെ എന്നിരിക്കലും പ്രതിചാസ്യ ഭോജനാദിപ്രവൃത്തി അനൂപത്യ ജീവൻമുക്തമാണ് ഈശ്വരാധീനത്വ അഭ്യൂമം പ്രപഞ്ചപ്രതി നിയമം അതാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത് പ്രപഞ്ചം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു ചില പ്രത്യേക നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ആ പ്രപഞ്ച നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ജ്ഞാനിക്കും കഴിയുന്നില്ല എന്തുകൊണ്ട് ഭോജനാദി പ്രവൃത്തി അനുഭവത്തിയ ജ്ഞാനിക്കും വിശക്കും ഭക്ഷണം കഴിക്കും തല്ലിയ നോ കരയും അപ്പോ വ്യവഹാരം പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട് ഞാനീന്ന് ആരെയാണോ കരുതുന്നത് അല്ലെങ്കിൽ ആരാണോ ഞാനുപദേശിക്കുന്നത് നമുക്കങ്ങനെ കരുതാം ആരാണ് ഞാനി ഞാനും ഉപദേശിക്കുന്നത് ഞാൻ അങ്ങനെ കരുതാം വിവരത്തേ ഉള്ളൂ കാരണം ഞാനെന്ന് പറയുന്നത് ഞാനീടെ അനുഭവമാണ് അച്ഛന്റെ അനുഭവമല്ല അനുഭവത്തെ പറയുന്നു ഞാനത്തെ ഉപദേശിക്കുന്നപ്പോൾ ഞാൻ ആ ജ്ഞാനീനും കാണുന്ന എന്താണ് ഭോജനാദിപ്രവൃത്തിയാണോ ആ ഭോജനാധിപ്രവൃത്തി പ്രത്യേകം പറയാൻ എന്താണോ കാരണം ഇവിടെ പറഞ്ഞുതീശ്വരോ തത്വജ്ഞാന വ്യതിരിക്തനായ ഒരു ഈശ്വരനും കാണുന്നില്ല ശരി സമ്മതിച്ചു ഈശ്വരന് ഭക്ഷണം കഴിക്കുന്നു വേണ്ടല്ലോ തത്വജ്ഞാനി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഈശ്വരൻ വ്യതിരിക്തനായ ഒരു ഈശ്വരനെ താൻ കാണുന്നില്ലെങ്കിൽ താൻ ഈശ്വരൻ തന്നെയെങ്കിൽ പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് ഈശ്വരൻ അതിന്റെ ആവശ്യം വരുന്നുണ്ടോ അതിനാണ് ഇവിടെ പറയുന്നത് ഭോജനാദിപ്രവൃത്തി അനൂപത്യ ഭോജനാദിപ്രവൃത്തികൾ നടക്കുന്നുണ്ട് തത്വവിജ്ഞാനിയിൽ അയാൾ ഈശ്വരനാണെന്നും പറയുന്നു ഇത് രണ്ടും കൂടെ ശരിയാവുന്നില്ല എന്തായാലും ഈശ്വരനും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോ തത്വവിജ്ഞാനിയിലത് കാണുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ലപഞ്ചാസ്യ ഈ പ്രപഞ്ചാവഭാസം പ്രപഞ്ചപ്രതീതി തത്വജ്ഞാനുണ്ട് ഒരാള് തത്വജ്ഞാനം ഉപദേശിക്കുന്നത് എന്നിട്ട് പറയുന്നു എനിക്ക് പ്രപഞ്ചപ്രതീതിയില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചു നിനക്ക് നല്ല തല്ലുകൊടുക്കണം എന്തുകൊണ്ട് കള്ളം പറയുക പ്രപഞ്ചപ്രതീതി ഇല്ലെങ്കിൽ പിന്നെ ഇത് ആർക്കും ഉപദേശിക്കുന്നു പ്രപഞ്ചപ്രതീതി ഉള്ളതുകൊണ്ടാണ് ശിഷ്യന് മുമ്പിലിരിക്കുന്നത് ശിഷ്യൻ ഉപദേശിക്കുന്നു അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു താൻ ഈശ്വരന് ഒന്നാണെന്ന് അറിഞ്ഞു പറയുന്നു താൻ പരമാത്മാവാണ് താൻ പരമാത്മാവാണെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം ഇവിടുന്നുവന്നു മുമ്പിൽ ഇതാരായും സൃഷ്ടിച്ചത് അല്ല ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത് പറയുന്നു തത്വം ഞാൻ ചിലപ്പോ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറഞ്ഞാലോ ഞാനാണിതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ശരി അഗ്നിയെ ശീതമാക്കുക ജലത്തെ ഉഷ്ണമാക്കുക അതൊക്കെ ചെയ്യാം ഇല്ല എന്തുകൊണ്ടാണ് തന്റെ അധീനത്തിൽ പിന്നെ ആരുടെ അധീനം പ്രപഞ്ചം ഈശ്വരാധീനം തത്വജ്ഞാനിക്കെന്തുണ്ടതിന് കഴിയുന്നില്ല തത്വജ്ഞാനി സർവജ്ഞനും സർവശക്തവും അല്ല അല്ലെങ്കിൽ അണിമാതി ഐശ്വര്യങ്ങളുള്ള യോഗികളോ ദേവന്മാരോ ഒക്കെ ആയിരിക്കണം അവർക്ക് കുറെയൊക്കെ കഴിയുമ്പോഴും കഴിയത്തില്ല സർവ ഈശ്വരാധീനമാണ് മറ്റെല്ലാം ഈശ്വരന്റെ നിയമം അനുസരിച്ച് ഇപ്പോഴാണെങ്കിൽ പറയും എന്താണോ ഈശ്വരൻ തന്നെ ലോകപാലകന്മാരെ നിയമിച്ചു ശരീരർക്കിന്ന ജോലി അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ കഴിയത്തില്ല ദിക് പാലകന്മാരെ അവർക്ക് ഇന്ന ജോലി ഇന്ദ്രൻ ഇന്ന ജോലി ചന്ദ്രൻ ഇന്ന ജോലി ഈ തരത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ് അവര് സാധാരണ ജീവന്മാരല്ല അവർക്ക് വിലക്ഷണമായ ശക്തി ഐശ്വര്യങ്ങളൊക്കെ അവരതൊക്കെ ചെയ്യും എന്തായാലും ഇതിനെല്ലാം ഉപരിയായിട്ടൊരു ഈശ്വരൻ അപ്പോൾ ഈ എന്താണിവിടെ പറയുന്നത് പ്രപഞ്ചപ്രതി നിയമം അത് ഈശ്വരാധീനമാണ് ജീവനാധീനമല്ല അക്കാര്യത്തിൽ തത്വജ്ഞാനിയും മുക്തനും എല്ലാം നിസ്സഹായതാണ് പ്രപഞ്ചാതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും അതിനൊരു നിയമ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻക്ക് ആ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം പ്രാപിച്ച് ഈശ്വരനാകാൻ കഴിയത്തില്ല പക്ഷേ ഞാൻ ഇതിൽ നിന്നെല്ലാം മുക്തനാകാൻ കഴിയും ഈശ്വരശ്രിഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് തത്വബോധം കൊണ്ട് മുക്തനാകാൻ കഴിയും ആ മുക്തി എന്ന് പറയുന്നത് ഭയ സംശയ അജ്ഞാനാദികളിൽ നിന്നുള്ള മുക്തിയാണ് ജീവൻ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന ഇതൊക്കെയാണ് അജ്ഞാനം സംശയം ഭയം ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നു ഇതാണ് അവന് അസ്വസ്ഥമാക്കുന്നത് ഇതിൽ നിന്നുള്ള പോംവഴിക്ക് വേണ്ടിയിട്ടാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ നിന്നെല്ലാം മുക്തിയായി കഴിഞ്ഞാൽ അങ്ങനെ പറയും അത് പരമാനന്ദമാണ് അതിനെയാണ് ആത്യന്തികമായ ദുഃഖ നിവൃത്തി പരമാനന്ദപ്രാപ്തി എന്നെല്ലാം പറയുന്നത് ഇതിൽ നിന്നുള്ള മോചനം മുക്തി അതുകൊണ്ട് അവിടെ നമ്മൾ ആശയക്കുഴപ്പമുണ്ടാക്കരുത് അദ്വൈതത്തിന്റെ പേരിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത് അദ്വൈതം ശരിക്കും മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ആശയക്കുഴപ്പമുണ്ടാവും അദ്വൈതമെന്ന് പറയുന്ന ഈശ്വരനിഷേധമാണ് അതുകൊണ്ട് ഇവിടെ എന്തുപറയുന്നു ഈശ്വരാധീനത്വ അഭ്യവമാ ഇതെല്ലാം പ്രപഞ്ചം മുഴുവൻ ഈശ്വരാധീനമാണ് തത്വജ്ഞാനിയുടെ അധീനത്തിലല്ല ജീവൻ മുക്തന്റെ അധീനത്തിലല്ല അത് ഈശ്വരാധീനമാണ് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് തത്വജ്ഞനായിട്ട് ഈശ്വരനെ നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ഈശ്വരനാണെന്ന് തത്വജ്ഞാനിക്ക് പറയാൻ കഴിയത് എന്തുകൊണ്ട് ഈശ്വരാധീനമല്ല ഈശ്വരാധീനം എങ്ങനെയാണോ പ്രപഞ്ചമായിരിക്കുന്നത് അതുപോലെ തന്റെ അധീനമല്ല പ്രപഞ്ചം ഇതാണ് അത് ഇത് അതുകൊണ്ട് ഈ ഭാഗത്തിൽ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിശദീകരിച്ചത് ഇത്രയും അപ്പൊ ഈശ്വരൻ അന്യനാണെന്ന് കരുതുന്നത് ഭയത്തിന് കാരണമാണെന്ന് പറയുമ്പോ എന്താണ് ഈശ്വര തത്വത്തിൽ ഈശ്വര തത്വം ഉൾപ്പെടെയുള്ളത് ഈശ്വരതത്വമോ അല്ലെങ്കിൽ പ്രപഞ്ചമോ അതെന്ന് പറഞ്ഞത് ബാക്കി സർവ്വതും അത് കാര്യത്തെ എന്തുകൊണ്ട് പറഞ്ഞു ഒന്ന് ഈശ്വരൻ മറ്റൊന്ന് ഈശ്വര സൃഷ്ടമായിരിക്കുന്ന സർവത അതാണ് കാര്യം ഈ ശരീരം ഉൾപ്പെടെയുള്ളതല്ല എന്താണ് ഈ ശരീരം ഞാൻ സൃഷ്ടിച്ചതാണ് അല്ലല്ലോ ഈ ശരീരത്തിന് ഉത്പത്തി പ്രണാമം ക്ഷയം ഇതെല്ലാം അനുഭവമുണ്ട് ജീവന് പക്ഷെ ഇതൊന്നും തന്റെ അധീനത്തിലല്ല ഒരു ജീവന്റെ അധീനത്തിലല്ല ഇതിന് നിമിത്തങ്ങൾ പലതാണ് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് പഞ്ചഭൂതങ്ങളുണ്ട് പലതും കാരണമാണ് പക്ഷെ ഇത് ഇവർക്കൊന്നിനും അധീനമല്ല ഈ ശരീരം ഇതിന്റെ ഉത്പത്തി പരിണാമ നാശങ്ങൾ ഇതൊന്നിനും അധീനമല്ല ഇതെന്തോ മറ്റൊരു നിയമം അനുസരിച്ച് പല നിമിത്തങ്ങൾ കൂടി ചേരുമ്പോൾ ഇതുണ്ടാകുന്നു ഇതിന് ആ നിമിത്തങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ നിയമങ്ങൾ ഇതെല്ലാം ഈശ്വരാധീനം ആ ഈശ്വരന്റെ തത്വം തൻ്റെതാണോ ആ തത്വം തന്നെയാണ് തന്റെയും തത്വം എന്നറിയുന്നവനും ഭയമല്ല ഭയം നിവൃത്തി എന്തുകൊണ്ട് അജ്ഞാനം നിവർത്തിക്കുന്നു സംശയം നിവർത്തിക്കുന്നു സ്വാഭാവികമായിട്ടും ഭയവും നിവർത്തിക്കുന്നു എന്തുകൊണ്ട് ഭയസ് അന്യനിമിത്തത്വം ഭയം അന്യനിമിത്തമാണോ അല്ലാതെ ഒരിക്കലും ഒരു തത്വജ്ഞാനിക്ക് ഈശ്വരനാകാൻ കഴിയത്തില്ല ഈശ്വരൻ നിഷേധിക്കാൻ കഴിയത്തില്ല ഈ തത്വജ്ഞാനത്തിന് ഈശ്വരന്റെ സഹായം ആവശ്യമാണോ ഒരു തത്വജ്ഞാനി ഒരിക്കലും അങ്ങനെ ഈശ്വരൻ നിഷേധിക്കത്തില്ല അത് മനസ്സിലാക്കാതെ നിഷേധിക്കും അദ്വൈതബോധം അതീ പ്രപഞ്ചബോധത്തെ അതായത് പ്രപഞ്ചബോധത്തിന്റെ നാനാത്വത്തെ അതിനെ അദ്വൈതബോധത്തിന് നിഷേധിക്കാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഒരു സാധ്യമുണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ നിന്നും മലയും മാലയും വളയും കമ്മനും എല്ലാം ഉണ്ടാക്കി അതെല്ലാം കാണുന്നു അപ്പോ അത് കാണുന്നവന് സ്വർണമെന്നുള്ള തത്വം മനസ്സിലാക്കിയാലും അവന് മാല അത് കമ്മലാണെന്ന് പറയാൻ കഴിയത്തില്ല കമ്മല് വളയാണെന്ന് പറയാൻ കഴിയത്തില്ല ആ നാനാത്വബോധം അതങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷെ അവന് തത്വബോധം കാണുന്നതാണ് ഇതെല്ലാം സ്വർണം തന്നെ എല്ലാം സ്വർണം കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന നാനാത്വബോധം ഓരോ വസ്തു ഇന്നതിന്നതാണ് എന്നുള്ള ആ ബോധം അതിനത് ബാധിക്കത്തില്ല അതിനില്ലാതാക്കാൻ കഴിയത്തില്ല അതങ്ങനെ തന്നെ അനുഭവപ്പെടും തത്വബോധം അതിനു വേണ്ടിയിട്ടുള്ളതല്ല തത്ത്വബോധം ഇത്രയേ ഉള്ളൂ എന്താണോ ഇപ്പോ വളയായും കമ്മലായും മാലയായും തന്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിലും അത് സ്വർണം തന്നെ മറിച്ചു കാണുകയാണെങ്കിൽ അത് വട്ടാണ് മാല കാണുമ്പോൾ മഴയെന്ന് തോന്നി കഴിഞ്ഞാൽ ഉടൻ ഉളമ്പാർ അഡ്മിറ്റ് ചെയ്യും അത് അദ്വൈതബോധം അങ്ങനെയുണ്ടെങ്കിൽ അത് തോന്നും അതുപോലെയാണ് ഈ നാനാത്വബോധം അതാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പ്രപഞ്ച പ്രതി നിയമ പ്രതിയത അവഭാസം എന്ന് പറയുന്നതാണ് അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ തത്വം ഞാൻ എനിക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പിന്നെ ശിഷ്യനില്ല താൻ തന്നെയാണ് ശിഷ്യൻ പിന്നെന്തിനാണ് ശിഷ്യൻ ഉപദേശിക്കുന്നത് അജ്ഞനായ ഒരു ശിഷ്യനും വേണ്ടി ഉപദേശിക്കും തത്വബോധം ആരോട് പറയാനാണ് എല്ലാം ആത്മാവായി ാരോട് ഉപദേശിക്കും അപ്പൊ അവിടെ അജ്ഞനാവരു ശിഷ്യൻ തന്നെ മുമ്പിലുണ്ട് അതൊരു ഭേദമല്ലേ ആ ഭേദത്തെ തത്വബോധം കൊണ്ട് നിഷേധിക്കുന്നില്ല നിഷേധിച്ച തത്വബോധം തന്നെ വ്യത്ഥമാക്കി എന്തുകൊണ്ടാണ് അത് കാരണം അത് തന്റെ അധീനമല്ല ഈ നാനാത്വം അത് ഈശ്വരാധീനമാണ് അത് തുടക്കത്തിന് പറഞ്ഞു തത് അവൻ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് അതിലേക്ക് അനുപ്രവേശം നടത്തിയപ്പോഴാണ് ഈ തകരാറുകളെല്ലാം സംഭവിച്ചത് പാടില്ലാത്താണ് പക്ഷെ അത് സംഭവിച്ചുപോയി അവിദ്യമായ അത് സംഭവിച്ചു അതങ്ങനെ നിലനിൽക്കുന്നു അതിനകത്ത് അവൻ ജീവഭാവത്തിലിരുന്ന് ഈ സംസാരത്തെ അനുഭവിക്കുക അത്പജ്ഞനായി അശക്തനായി എന്ന് വിചാരിച്ച് സൃഷ്ടിച്ചവന് മാറ്റമൊന്നും മനസ്സില്ല എന്തുകൊണ്ട് അവൻ സർവജ്ഞനായി സർവശക്തനായി അവൻ നിലനിൽക്കുന്നു ഇവന് കഴിയുന്നുള്ള ഒന്നെന്താണ് സൃഷ്ടിയെ മാറ്റാനോ മറിക്കാനോ ഒന്നുമല്ല അവന് നൽകിയിരിക്കുന്ന വിവേകം കൊണ്ട് അവൻ ആ തത്വത്തെ ഗ്രഹിക്കുക എന്നാണ് അദ്വൈതം പറയുന്നത് അതുകൊണ്ട് ഈശ്വരൻ അന്യനാണ് താൻ വേറെയാണെന്ന് കരുതിയാൽ ഭയമുണ്ടാകും എന്ന് പറയുന്നിടത്ത് തെറ്റിദ്ധാരമുണ്ടാകും എങ്ങനെ ഈശ്വരനെ ഭയക്കരുത് എന്നല്ല ഈശ്വരനെ ആരാധിക്കരുത് എന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത് അതൊക്കെ ആവശ്യമാണ് ഈശ്വരനെ ഭയക്കണം ഗുരുവിനെ ഭയക്കണം ആധ്യാത്മിക ജീവിതത്തിന് വിശേഷിച്ചും അതൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ അദ്വൈതത്തിന് വ്യത്ഥമായി തീരും സതശ അന്യത്മഹനുഭൂത്തി അന്യ ആത്മന കാര്യം അന്യം ഭയാവൃത്തി ഭയ അന്യനിമ സതശ്ച അസ ആത്മഹാന ഏതെങ്കിലും ഒന്നിനെ അന്യമായി കരുതുക ആ അന്യത്വം ആ ഭേദം സത്യമാണെന്നും കരുതുന്നു വിശ്വസിക്കുന്നു ഞാനും ഈശ്വരനും തത്വം ഒന്നല്ല ഞാൻ വേറെ തത്വമാണ് ഈശ്വരൻ വേറെ തത്വം എന്ന് കരുതിയാൽ അതിന് തത്വമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ദുരിതമായി സത്യത്തിന് നാശമില്ല ഭേദത്തിന് നാശമില്ലാന്ന് ഭേദത്തിന് നാശമില്ലെങ്കിൽ ഭേദം കൂടെ നിലനിൽക്കും താൻ നിൽക്കുന്നത് പോലെ തന്നെ ഈ സർവ്വഭേദവും നിലനിൽക്കും നിന്നുകഴിഞ്ഞാൽ ഇതെല്ലാം തനിക്ക് സദാഭയത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിനെല്ലാം താൻ ഭയക്കേണ്ടി വരും അപ്പൊ ഭയം തൊട്ടേ എന്താ ദോഷം ഭയത്തിനൊന്നും മുക്തിയില്ല ഭയകരമായിരിക്കുന്ന അജ്ഞാന സംശയങ്ങളിൽ നിന്നും മുക്തിയില്ല അത് സംസാരം അജ്ഞാനത്തിനും സംശയത്തിനും ഭയത്തിലും ഇങ്ങനെ ജീവിക്കുന്നതാണ് സംസാരം അതിൽ നിന്നുള്ള മോചനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് പരമാർത്ഥമായ ഒരു തത്വം ആ തത്വത്തിൽ നിന്ന് വേറിട്ട് ഒരു തത്വത്തെ അംഗീകരിക്കായിരിക്കും ഈശ്വരനെ പോലും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈശ്വരനും ആ പരമാർത്ഥമായ തത്വം തന്നെ ആ തത്വത്തിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനുണ്ട് ജീവനുമില്ല പ്രപഞ്ചവുമില്ല അങ്ങനെ ഉണ്ടെന്ന് കരുതിയാൽ അതജ്ഞാ ആ ഭേദത്വം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഈശ്വര തത്വവും നിന്റെ തത്വവും ഒന്ന് തന്നെ പറയുന്നത് ശാശ്വത ആത്മഭാ ലാഭ ഇല്ലാത്തതൊന്നും ഉണ്ടാകുന്നില്ല നിങ്ങൾ പറയുന്നു എന്നിൽ നിന്ന് അന്യമായ എന്റെ തത്വത്തിൽ നിന്ന് അന്യമായ ഒരു ഈശ്വര തത്വം ചോദിക്കുന്നു ആ ഈശ്വര തത്വം സത്യമാണോ അസത്വമാണോ സത്യമാണെങ്കിൽ അത് ഇല്ലാതാകില്ല എന്നും തന്റെ തത്വം വേറെ ഈശ്വരത്വം വേറെ അങ്ങനെ അല്ല ഇനി അതില്ലാത്താണെങ്കിലോ അങ്ങനെ ഒരു തത്വം ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല എന്നിങ്ങനെ എന്തിനുവി കാരണം ഭേദത്തെ പരമാർത്ഥ ഭേദത്തെ യുക്തികൊണ്ടും സമർത്ഥിക്കാൻ സാധ്യമല്ല സാവേക്ഷ്യ അന്യസ്യ അഭേദത്വമിതിച്ച് ഈശ്വരനും ജീവനും ഒരു തത്വമാണ് അംഗീകരിക്കാൻ പ്രയാസം എന്തുകൊണ്ടാ പ്രയാസം വരുന്നു സ്വ അനുഭവം താൻ അജ്ഞനായിരിക്കുന്നു താൻ ജനിക്കുകയും വരിക്കുകയും ചെയ്യുന്നു ഈശ്വരനെ കുറിച്ചുള്ള തന്റെ സങ്കല്പം എന്താണ് സർവജ്ഞനും സർവശക്തനുമായ ഒരാൾ ആ സർവജ്ഞനും സർവശക്തത്വവും ഒന്നും തന്നെ കാണുന്നില്ല കാണാതിരിക്കാൻ താനെങ്ങനെ ഈശ്വരനുമായ ഒന്നാകും അതുകൊണ്ട് പറയുന്നു ഞാൻ വേറെ ഈശ്വരൻ വേറെ ഞാൻ ആത്മജ്ഞൻ സംസാരി ഈശ്വരൻ സർവജ്ഞൻ സർവശക്തൻ ഇങ്ങനെ ഒരു ഭേദത്തെ സ്വീകരിച്ചാലോ സാധ്യമല്ല അതുകൊണ്ട് ഈശ്വരൻ ഭയ നേരി എന്താണ് സാപേക്ഷസ്യന്യസ്യ അങ്ങനെ ഈശ്വരൻ വേറിട്ടൊരു ധർമാധർമ്മങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്റെ ധർമാധർമ്മങ്ങളെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് അത് ഭയഹേതുവായിരിക്കുന്നു എന്നുവെച്ചാൽ എന്താണ് പുണ്യം ചെയ്യുന്നവന് ഭയക്കേണ്ട കാര്യമില്ല പാവം ചെയ്യുന്നവൻ ഭയക്കണം അപ്പൊ സാപേക്ഷനായ ഈശ്വരൻ അത് അന്യൻ അന്യനെന്നുള്ളതിനാണ് പ്രാധാന്യം അന്യനായ ഈശ്വരൻ ഭയഹേതുവെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്യൻ എന്ന് പറയുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത് ഈശ്വരൻ ഭയഹേതുവാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച അന്യനായിരിക്കുന്ന ഒരു ഈശ്വരൻ ഭയഹേതുവാണോ അല്ലേന്നുള്ള ഭാഷകാരൻ നിഷേധിക്കുന്നു അന്യനായിരിക്കുന്ന ഒരു ഈശ്വരൻ നിഷേധിക്കുന്നു തത്വത്തിൽ ഒന്നായിരിക്കുന്ന ഈശ്വരൻ ഭയഹേതുവാണോ അല്ലയോന്നുള്ളതല്ല ചർച്ച് തത്വത്തിൽ ഒന്നായിരിക്കുന്ന ഈശ്വരൻ ഭയഹേതുവാണോ ഈശ്വരന്റെ ഭയന്നേ മതിയാവും ഏതുവരെ ആ തത്വജ്ഞാനം പ്രാപിക്കുന്നത് വരെ ഭയന്നേ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന്റെ നിയമമാണോ താൻ കല്പിച്ചു കൂട്ടി ഭയക്കേണ്ട കാര്യമൊന്നും തന്നിൽ അജ്ഞാനം ഉണ്ടോ താൻ ഭയക്കും ഈ നാനാ ഭയക്കും നാമരൂപങ്ങളെല്ലാം ഭയക്കും പിന്നെ ഈശ്വരനെ ഭയക്കുന്ന കാര്യം പറയാനുണ്ടോ ഭയന്നേ ഈശ്വരനും അവിടെ ഭയകേതുക എപ്പോഴാണോ ആ തത്വബോധം വരുന്നത് അവിടെ അജ്ഞാനം നശിക്കുന്നു ഭേദബുദ്ധി നശിക്കുന്നു ഭയത്തിന് ഭേദമില്ല അതുകൊണ്ട് ഭയത്തിന അതുകൊണ്ടിവിടെ ഈശ്വരനാദ്യം അന്യമായി സങ്കല്പിക്കുന്നു അന്യനായ ഈശ്വരൻ ധർമാധർമ്മ തന്റെ ധർമാധർമ്മങ്ങൾക്കനുസരിച്ച് തനിക്ക് സുഖവും ദുഃഖവും ഒക്കെ തരുന്നു അതുകൊണ്ട് അതിനെ ഭയക്കേണ്ടേ എന്ന ഇത് ചെയ്യണ്ട തസ്യാബി തുല്യത്ത അവിടെയും നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെ വരും ഈശ്വരൻ പരമാർത്ഥത്തിൽ അന്യനാണെങ്കിൽ അത് സത്താണോ അത് അസത്താണോ സത്താണെങ്കിൽ അതിന്റെ നാശമില്ല അപ്പോ എന്നും ഭയന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും തത്വജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല തത്വജ്ഞാനം കൊണ്ട് ഭയഹേതുമായിരിക്കുന്നില്ല ഇനി ആ സത്ത ഈശ്വരൻ അല്ല അന്യനായ അസത്തെന്ന് പറഞ്ഞാലോ പിന്നെ അങ്ങനെ ഒരു ഈശ്വരനെ ഇല്ല നേരത്തെ പറഞ്ഞു അസതഹാത്മലാർത്ഥം അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ ഈശ്വരൻ ൻ തത്വത്തിൽ അന്യനാണോ അല്ലേ അതാ തത്വത്തിൽ അന്യനല്ല അത് തത്വജ്ഞാനിയുടെ അനുഭവമാണ് ആ അനുഭവത്തിൽ അജ്ഞാന സംശയങ്ങളെല്ലാം നശിക്കുന്നു ഈശ്വരൻ ഭയഹേതുവല്ല അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചം ഭയത്തിന് ഹേതുവായിരിക്കുന്നത് കൊണ്ട് ഈശ്വരനും ഭയഹേതുവാണ് ഭയഹേതുവാണ് ഈശ്വരനെങ്കിലും അവൻ അച്ഛനായിരിക്കുമ്പോൾ ഈശ്വരഭയം അവനെ സഹായിക്കുന്നു സന്മാർഗത്തിൽ പോകുന്നതിനും ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനൊക്കെ ആ ഭയം സഹായിക്കുന്നു ഭയം കൊണ്ടവൻ ആ ഭയം മുക്തിയിലേക്ക് നയിക്കുന്നു ഈശ്വരഭയം ഗുരുഭയം അവന് അവന് സാധന മാർഗത്തിൽ അവനെ നിലനിർത്തുന്നു അതിലൂടെയാണ് ആ ഭയത്തെ ആശ്രയിച്ചാണ് അവൻ മുന്നോട്ട് പോകുന്നത് ആ ഭയത്തെ ആശ്രയിച്ചവൻ മുന്നോട്ട് ചെന്ന് അവന്റെ മനഃശുദ്ധിയും ഈശ്വരാനുഗ്രഹവും എല്ലാം ഒന്നിച്ചു വരുമ്പോൾ അവനിൽ ഈശ്വരബോധമുണ്ടാവും ആ ഈശ്വരബോധം അവന്റെ അജ്ഞാന വിപര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നു അവന് ഭയത്തെ നശിപ്പിക്കുന്നു അതാണ് അതിന്റെ ശരിയായ മാർഗം അതിനെ നിഷേധിക്കുന്നത് അധർമാ അധർമാതി അനുസഹായി ഭൂതം അല്ലെങ്കിൽ ധർമാദി അനുസഹായി ഭൂതം നിത്യം അനിത്യം നിമിത്തം അപേക്ഷ അന്യത് ഭയഹരണ തസ്യ തഥാഭൂത ആത്മഹാനാഭാവ ഭയ അനുവൃത്തി ആത്മഹാന സദസതോ ഇത്തരേതരപത്തോ സർവത്തിന് അനാശ്വാസ നമ്മുടെ ഭാഷകാരൻ ഒരു തരത്തിലും ഈശ്വരനെ തത്വത്തിൽ അന്യമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറില്ല അത് ഭാഷ്യകാരന്റെ വെറും ഒരു വാശിയൊന്നുമില്ല കാരണം ശ്രതി എന്ന് പറഞ്ഞു തസൃഷ്ട സൃഷ്ടിച്ചവൻ തന്നെ പ്രവേശിച്ചു പിന്നെങ്ങനെ അന്യനാകും എന്നാലും ജീവന്റെ അനുഭവത്തിൽ ഈ അജ്ഞാനവും ദുഃഖവും എല്ലാം ഇതിങ്ങനെ തുടരുന്നു എങ്ങനെ അംഗീകരിക്കുകഴിയും താൻ തന്നെയാണ് സൃഷ്ടികർത്താവ് ശ്രുതി പറഞ്ഞാലും അത് സ്വ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് അതുകൊണ്ട് അന്യനായ ഒരു ഈശ്വരനെ അംഗീകരിച്ചേയും മതിയാവും അപ്പം അദ്വൈതത്തിൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്വൈതത്തിൽ അന്യനായ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എങ്ങനെ തത്വത്തിൽ എന്നാൽ അതേ അദ്വൈതത്തിൽ തന്നെ അന്യനായെ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നു സ്വാഭാധികമായി ഉപാധിയോടുകൂടി ഐശ്വര്യ ജ്ഞാനാദികളോടുകൂടിയ ഗീതയുടെ തുടക്കത്തിൽ ഭാഷ തന്നെ ചർച്ച ചെയ്ത് ഈശ്വരനെ സ്വീകരിക്കുന്നുണ്ട് രണ്ടും മനസ്സിലാകും എവിടെയാണ് അദ്വൈതത്തിലെ ഈശ്വര നിഷേധം എവിടെയാണ് അദ്വൈതത്തിലെ ഈശ്വര അംഗീകാരം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതം തിരത്തിരിയും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈശ്വര നിഷേധം വരും ഈശ്വരൻ നിന്ദ വരും അത് വന്നുകഴിഞ്ഞാൽ ഗുരു നിഷേധം വരും ഗുരുനിന്ദ വരും ഗുരുവിന്റെ ആവശ്യമില്ലെന്ന് വരും എന്തിനാ ഞാനാണ് പരമാത്മാ എനിക്കിനി ആരുടെ സഹായം ആവശ്യമില്ല ഗുരുവിന്റെ സഹായം ആവശ്യമില്ല അതൊന്നും അദ്വൈതം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അദ്വൈതം ബോധിപ്പിക്കുന്നുണ്ട് അതില്ലെങ്കിൽ ചിലർക്ക് ഇനി അതൊന്നും വന്നില്ലെങ്കിലും മനസ്സിൽ സംശയം വരും എങ്ങനെ ഞാൻ തന്നെയാണ് ഈശ്വരൻ ഞാൻ തന്നെയാണ് സർവതും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഈശ്വരനെ ഞാൻ ആരാധിക്കേണ്ട കാര്യമുണ്ടോ ഗുരുവിനെ സമീപിക്കേണ്ട കാര്യമുണ്ടോ ഈ സംശയങ്ങൾ വരും ഗുരുവിനെ സമീപിക്കുന്നവന് സംശയം വരും ഗുരുവിൽ നിന്ന് ഇനി എന്ത് നേടാനാണ് ഈശ്വരൻ നിന്ന് എന്ത് നേടാനാണ് ഞാൻ അതല്ലേ അങ്ങനെ ഒരു സംശയം മനസ്സിൽ വരും മറിച്ച് ഞാൻ നായല്ലേ എന്ന് സംശയിക്കത്തില്ല അങ്ങനൊരു സംശയം വരത്തില്ല ഈ സംശയം വരും അത് വരാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് ഇത് ധർമാതി അനുസഹായി ഭൂതം നിത്യം അനിത്യം വ നിമിത്തം അപേക്ഷ്യ അനിൽ ഭയകാരണംപ് ഞാൻ വ്യാഖ്യാനിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഈശ്വരൻ പുണ്യപാപങ്ങളെ ആശ്രയിച്ച് എന്താണോ അത് ഭയത്തിന് കാരണമായി തീരുന്നു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആ ഈശ്വരൻ തത്വത്തിൽ അന്യമാണ് അന്യമാണെങ്കിൽ തസ്യവിത്തഥാഭൂത അന്യമാണെങ്കിൽ ആത്മഹാനാഭാവാ ആ തത്വത്തിൽ അന്യനായിരിക്കുന്ന ആ ഈശ്വരൻ സർവജ്ഞനോ സർവശക്തനോ എന്തോ ആയിക്കൊള്ളട്ടെ അത് ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നുവെച്ചാൽ തത്വബോധം വരുന്നില്ല ഭേദബുദ്ധി നശിക്കുന്നില്ല ഭയ നിവൃത്തി ഭയം ഉണ്ടാകുന്നില്ല ഇനി ജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം ഈ ഒരു ജ്ഞാനം ഈ അജ്ഞാനത്തെ നശിപ്പിച്ചില്ലെങ്കിൽ ഭയത്തെന്ന് വർത്തിപ്പിച്ചില്ലെങ്കിൽ ഈ ജ്ഞാനം കൊണ്ടെന്താ പ്രേമ പിന്നെ മുക്തി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം ഒന്നുമല്ല ഭയാനേവ ഇനി അങ്ങനെ ഒരു ഈശ്വരൻ അതില്ലാതായി പോകുന്നതാണെങ്കിലോ സദസതോ ഇതരേതരാപത്തോ പിന്നെ സത്വം അസത്വം തമ്മിലെന്താ വ്യത്യാസം ഒരാള് പറയുന്നു തത്വത്തിൽ നിന്ന് അന്യമായ ഒരു തത്വം അതും ഒരു തത്വമാണ് സത്താണ് അങ്ങനെ ഒരു ഈശ്വരനുണ്ട് പറയുന്നു ആ ഈശ്വരൻ അത് എന്നും നിലനിൽക്കുന്നു നശിക്കുന്നു എന്നും നിലനിൽക്കുന്നതാണെങ്കിൽ തനിക്കൊരിക്കലും തത്വബോധം ഉണ്ടാകത്തില്ല അജ്ഞാന സംശയങ്ങൾ നശിക്കുന്നില്ല ഭയന്നും കൊടുത്തേക്കുന്നു അല്ലാ ഈശ്വരൻ നശിച്ചുപോകുന്നതാണെങ്കിൽ പിന്നെ സത്തെന്നും അസത്തെന്നും പറയുന്നതിന് എന്താ വ്യത്യാസം അതാണ് സദസതോ ഇതരേതിരാപത്തോ സർവത്ര അനാശ്വാസ പിന്നെ നിങ്ങൾക്കെവിടെയാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് നിങ്ങളുടെ ആത്മീയതയ്ക്ക് എന്താണ് പ്രയോജനം ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എന്താ നേടുന്നതെന്നാണ് ചോദിക്കുന്നു തത്വത്തിൽ നിങ്ങളൊരു അന്യനായ ഒരു ഈശ്വരനെ അംഗീകരിക്കുകയും എന്നിട്ട് നിങ്ങൾ ആധ്യാത്മികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആത്യന്തികമായി നിങ്ങൾക്ക് എന്താ പ്രയോജനം ഇതുകൊണ്ട് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് തത്വബോധമാണോ ജീവൻ മുക്തിയാണോ ഇതൊന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് ഈശ്വര തത്വം ആ തത്വത്തെ അജ്ഞാന സംശയങ്ങൾ ഒന്നും കൂടാതെ ഗ്രഹിക്കുന്നതാണ് തത്വജ്ഞ അത് തന്നെയാണ് മുക്തി എന്തിൽ നിന്നുള്ള മുക്തി അജ്ഞാന സംശയങ്ങളിൽ നിന്നുള്ള മുക്തി അതിനെയാണ് ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് അതിന് തന്നെയാണ് പരമാനന്ദപ്രാപ്തി എന്നും പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദത്തിന്റെ പ്രാപ്തിയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദുഃഖം കൊണ്ട് എന്ന് വരുത്തിയോ ഒന്നും ഇതുകൊണ്ട് സംഭവിക്കത്തില്ലോ അതൊന്നും ഇല്ല സംഭവിക്കുന്നു മനസ്സിൽ ഇവിടെ എന്താണോ വിശദീകരിക്കുന്നത് സംഭവിക്കും അതുകൊണ്ട് ആത്യന്തികമായി എന്താണ് പറയുന്നത് തത്വത്തിൽ എല്ലാം ഒന്നു സ്വഭാഗേജ പണ്ഡിത സമദർശന എന്ന് ഗീതാകാരൻ പറഞ്ഞിരിക്കുന്നോണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് ഈ പട്ടി പട്ടി എന്ന് പറയുന്നത് അല്ല മനക്കൂർ പറയുന്നല്ലഗവാൻ പറഞ്ഞിരിക്കുന്നു അത് ഇപ്പോഴും നമ്മൾ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഏകത്വപക്ഷേ പുനഃ സനിമിത്ത സംസാരസ് അവിദ്യാകല്പിതോഷ ഏകത്വപക്ഷത്തിൽ ഭാഷകാരം പറയുന്നു ഈ ശ്രുതി പറയുന്ന പക്ഷത്തിൽ ശ്രുതി എന്താണ് പറഞ്ഞത് സൃഷ്ടപ്രാവശ്യ അങ്ങനെ ഏകത്വപക്ഷം സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് വേറൊരു തന്നെ അങ്ങനെ ആ പക്ഷത്തിൽ സനിമിത്ത സംസാരസ്യ ഈ സംസാരം സനിമിത്തം നിമിത്തത്തോടുകൂടിയ ആ നിമിത്തം എന്താണ് അജ്ഞാനം തന്നെ ആ സംസാരം അതെന്താണ് അതിനെ തുടർന്ന് വരുന്ന ഭയവും മറ്റും തന്നെ സംശയം ഭയം ഇതൊക്കെ തന്നെയാണ് സംസാരം ഇതെല്ലാം എന്താണ് അവിദ്യ കല്പിതത്വ അവിദ്യ കല്പിതമാണ് അതിനൊരു സമാധാനം വേണ്ടേ ശിക്ഷിച്ചവൻ ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ എല്ലാം തലതിരിഞ്ഞു പോയി നിത്യമുക്തനായവൻ ബന്ധനസ്ഥനായതുപോലെ അനുഭവപ്പെടുന്നു ബന്ധനം വന്നില്ല പക്ഷെ അനുഭവം ഒന്നും ഒരു പ്രതീതി സംസാരിയാണെന്നുള്ളൊരു പ്രതീതി വന്നു വാസ്തവത്തിൽ സംസാരിയാകുന്നുണ്ടെങ്കിലും പ്രതീതി വന്നുണ്ടെന്ന് പറഞ്ഞു അത് കല്പിതമാണ് അവിദ്യ കല്പിതമാണ് ഈ സംസാരത്തെ അവിദ്യ കല്പിതമെന്ന് പറഞ്ഞാൽ വെറുതെ ദോഷമുണ്ട് സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദോഷം ഇതെല്ലാം കല്പിതമാണോ കല്പനയിൽ എന്തുവാങ്ങാമോ കല്പന എന്നൊരു വാസ്തവമല്ല സത്യമല്ല പ്രതീതി മാത്രം അനുഭവത്തിൽ വരുന്നതും സത്യമല്ലാത്തതും അതാണ് കല്പന അതുകൊണ്ട് ഈ പറയുന്ന മുമ്പ് പറഞ്ഞ ഒരു ദോഷങ്ങളും വരത്തില്ല ദോഷം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണോ ഈശ്വരനെ നിഷേധിക്കേണ്ടി വരുന്നില്ല ഗുരുവിനെ നിഷേധിക്കേണ്ടി വരുന്നില്ല ജ്ഞാനത്തെ കുറിച്ച് സംശയിക്കേണ്ടി വരുന്നില്ല മുക്തിയെക്കുറിച്ച് സംശയിക്കേണ്ടി വരുന്നില്ല ആധ്യാത്മിക കുറിച്ച് ഭ്രമമില്ല തത്വജ്ഞാനത്തിന് എന്താ പ്രയോജനം അതൊന്നും ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് ആവശ്യമുള്ളതാണോ എന്താ എല്ലാം സാർത്ഥകമാകുന്നു ഇവിടെ തന്റെ ജപതപങ്ങളോ കർമ്മങ്ങളോ ഒന്നും വ്യർത്ഥമല്ല എല്ലാം സാർത്ഥകമാകും എന്നാണ് ഈ തത്വത്തെ പൂർണമായി ഗ്രഹിച്ചത് അതിന് ഏകത്വബോധം വരും അതുകൊണ്ടാണ് പറയുന്നത് ആ തത്വബോധത്തോടുകൂടി സാധനം അല്ലെങ്കിൽ അതെല്ലാം നിഷ്പ്രയോജനമായി തീർന്നു എന്താണ് അദ്വൈത ബോധത്തിന് വേണ്ടിയുള്ള ഉപായം അത് മറ്റൊന്നാകാൻ പാടില്ല എന്താണ് മറ്റ് സാധനങ്ങളുടെ പ്രയോജനം ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈ തത്ത്വബോധങ്ങൾ അദ്വൈത ബോധത്തിന് എന്ത് ചെയ്യണം എന്നാണ് അത് ശ്രവണ മനണങ്ങൾ മറ്റു സാധനങ്ങൾക്ക് അതിലെന്താ പ്രയോജനം അതിനുള്ള യോഗ്യത അത് രണ്ടിനെയും അംഗീകരിക്കാൻ ഈ അദ്വൈതത്തിന് കഴിവുള്ളു മറ്റെന്തിനും എന്തുകൊണ്ട് ഇവിടെ സർവത്തിനും ആധാരമായി ഈ സംസാരത്തിനും സംസാര നിവൃത്തിക്കും രണ്ടിനും ആധാരമായി സ്വീകരിച്ചിരിക്കുന്ന എന്താണ് ഈ അവിദ്യ അവിദ്യയിലാണ് രണ്ടും സംഭവിക്കുന്നത് ബന്ധവും മോക്ഷവും രണ്ടും അവിദ്യയിലാണ് സംഭവിച്ചത് അതുകൊണ്ടിവിടെ ദോഷങ്ങളൊന്നുമില്ല തൈമിരിക ദുഷ്ടസിഹി ദ്വിതീയ ചന്ദ്രസ്യ ആത്മലാഭോ നാശോ ഇതാണ് ആത്യന്തികമായ തലമുറ നേരത്തെ എന്താണ് ചോദിച്ചത് നമ്മളതെല്ലാം വിട്ടുപോയി പക്ഷെ ഭാഷകാരം വിട്ടിട്ടില്ല രണ്ടാമതൊരു ചന്ദ്രനെ കൂടി കാണുന്നു ശരി തന്നെയാണ് പക്ഷെ രണ്ടാമത്തെ ചന്ദ്രനെ കാണാത്തവരാരും ഇല്ലല്ലോ തിമിന ദോഷം ഉള്ള എല്ലാവരും കാണുന്നുണ്ട് നിങ്ങൾ പറയുന്നു ഒരേ ഒരു ചന്ദ്രനേ ഉള്ളൂ കാണാത്തവരാരോ അവൻ ഉദാഹരണം പറഞ്ഞു എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരുടെയും അനുഭവമാണ് ഇവിടെ സുശൃത്തിയിൽ അവിടെ ഒരു ചന്ദ്രനേ ഉള്ളു രണ്ട് ചന്ദ്രനേ ഉള്ളൂ ശരി സുഷൃതിയിൽ അത് സമ്മതിക്കാം അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും അത് സമ്മതിക്കാം പക്ഷെ ഇപ്പോൾ അതല്ലോ പ്രശ്നം ഉറങ്ങുകയല്ലോ ഉണർന്നിരിക്കുകയാണ് സുഹൃത്തിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവിടെ വീണ്ടും രണ്ട് ചന്ദ്രൻ ഉണ്ടല്ലോ ഇതിനെന്താ പരിഹാരം പറയുന്നു തൈമരിക ദുഷ്ടസ്യ ദ്വിതീയ ചന്ദ്രസ്യ ഇവിടെ ഇപ്പോ കാണുന്ന ഈ ദ്വതീയ ചന്ദ്രൻ എന്നുവെച്ചാൽ ഈ നാനാത്വ ബോധം ഭേദ കല്പന ബോധം ഇത് ആത്മലാഭോ നാശോ ഇത് ഇതിന്റെ ഉണ്മ ഇതിന്റെ നിലനിൽപ്പ് അതുമില്ല ഇതിന്റെ നാശവും രണ്ടുമില്ല രണ്ടും പറയണം ഇത് നശിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് സത്യമാണോ എന്നൊരു തോന്നല് ഇത് സത്യമാണോ അതുകൊണ്ട് രണ്ടും പറഞ്ഞു ഇന്ന് ആത്മലാഭ ഇത് സത്യമല്ല എന്നാൽ പിന്നെ ഇതൊന്നും തുടരും ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം ഇതെല്ലാം തുടരുമെന്നാണോ പറയുന്നത് മുക്തി ഇല്ലേ പറയുന്നു ഇതിന് നാശവും ഇല്ല ഇതിന് നാശവും സംഭവിക്കത്തില്ല ഇതിന് നിലനിൽപ്പില്ല അതെന്താ നാശവും നിലനിൽപ്പും കാരണം നിലനിൽപ്പ് ഒന്നിനെയുള്ളൂ പരമാത്മാവിന് മാത്രം നിലനിൽക്കുള്ളൂ ഇത് നിലനിൽക്കാത്തോണ്ട് തന്നെ ഇത് നശിക്കുന്നുമില്ല അപ്പൊ ഇതിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ഇവിടെ അഭ്യാസം ഒന്നും കൂടെ നിർദ്ദേശിക്കുന്നില്ല അദ്വൈതത്തിലില്ല അഭ്യാസം ദ്വിതീയ ചന്ദ്രനും നിങ്ങൾ കാണുന്നുണ്ടോ ദോഷമൊന്നുമില്ല പിന്നെ അവിടെ വരുന്ന വ്യത്യാസം എന്താണ് കാണുമ്പോൾ ഞാൻ കരുതുന്നത് രണ്ട് ചന്ദ്രനുണ്ട് ഇന്നലെ ഒരു ചന്ദ്രനായിരുന്നു ഇന്നൊരു ചന്ദ്രനും കൂടെ ഉണ്ട് ഈ രണ്ടാമത്തെ ഒരു ചന്ദനുണ്ടെന്ന് പറയുമ്പോ ഒന്നാമത്തെ ചന്ദ്രൻ എങ്ങനെയാണോ ആ സത്യത്വബോധം വന്നതുപോലെ രണ്ടാമത്തെ ചന്ദ്രന് സത്യത്വബോധം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഉള്ളതാണെന്ന് വരുന്നു ഇവിടെ പറയുന്ന എന്താണോ അത് അവിദ്യ കല്പിതം കേവലം തന്റെ തിമിരദോഷം കൊണ്ട് സംഭവിച്ചതാണ് അതിന് അതുപോലെ ന്ദ്രൻ അസ്തിത്വമില്ല എങ്കിലും പ്രതീതമാകുന്നതുപോലെ ഈ പ്രപഞ്ചം അവിദ്യകൽപിതമായതുകൊണ്ട് പ്രതീതമാകാം അത് നശിക്കേണ്ട ആവശ്യമില്ല തത്വജ്ഞാനത്തിനോ അല്ലെങ്കിൽ മോക്ഷത്തിനോ പ്രപഞ്ചം മറഞ്ഞുപോകേണ്ട കാര്യമില്ല ഏതുപോലെ തിമിരമുള്ളവനോട് ഒരാള് പറഞ്ഞുകൊടുക്കുകയാണ് അവിടെ ആകാശത്ത് പുതിയതായി രണ്ട് ചന്ദ്രനൊന്നും വന്നിട്ടില്ല പക്ഷെ നിന്നിലൊരു ദോഷമുണ്ട് ഇന്നലെ വരെ നിന്നിലാ ദോഷം ഉണ്ടായിരുന്നില്ല ഇന്നൊരു ദോഷമുണ്ടെന്നാണ് അതാണ് തിമിരം അത് വൈദ്യം ഉപദേശിക്കും അതുകൊണ്ടങ്ങനെ കാണുന്നതാണ് അല്ലാതെ രണ്ടാമതൊരു ചന്ദ്രൻ ഇല്ലെന്ന് പറയുമ്പോൾ അവന് ചന്ദ്രന്റെ തത്വബോധം വന്നു അപ്പോൾ ദോഷം എന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണത് കാണുന്നത് ശരിയൊരു കാര്യം ചെയ്യാൻ തിമിര ശസ്ത്രക്രിയ ഇനി നോക്കുക നോക്കുമ്പോൾ എന്താണ് ഇല്ല ില്ല പിന്നെന്താണ് പരമാർത്ഥം ഒരു ചന്ദനം പിന്നെ കണ്ടതോ അതൊരു പ്രതീതി മാത്രം ആ പ്രതീതിയിലെ തത്വബോധം നശിച്ചു പ്രതീതിയിലുള്ള അത് വാസ്തവാണെന്നുള്ള ബോധം മറിച്ച് എന്താണത് അവിദ്യ കല്പിതമാണെന്ന് പ്രതീതി ഉണ്ടായിരിക്കുകയോ അത് നശിക്കുകയോ ചെയ്യുന്നത് പ്രതീതിയുടെ സ്വഭാവം അനുസരിച്ചാണ് ചില പ്രതീതികൾ നിലനിൽക്കാം ചിലത് നശിക്കാം പക്ഷേ നശിക്കേണ്ടതെന്താണ് വാസ്തവത്തിൽ അതിനുള്ള തത്വബോധം അത് തത്വമാണെന്നുള്ള ബോധം ആ പ്രതീതി വാസ്തവമാണെന്നുള്ള ബോധം അത് നശിച്ചാൽ മതി മുഖ്യം സ്വരൂപത്തിൽ അത് നശിക്കണമെന്നില്ല പ്രതീതികൾ ചിലത് നശിക്കാം വിജീ നശിക്കുന്നു മരുമരീചികൾ നശിക്കുന്നില്ല അതല്ല മുഖ്യം തത്വജ്ഞാനിയിൽ എന്താണോ ജീവൻ മുക്തനാണെങ്കിലും പ്രതി ഇത് നശിക്കുന്നില്ല അതല്ലേ എന്നും പറഞ്ഞത് വിഭാസാദികളെല്ലാം വിശക്കുന്താകുമല്ലാം നിൽക്കുന്നു പ്രതി നിയതമായ പ്രപഞ്ചം പ്രതിഭാസിക്കും പക്ഷെ അവിടെ സത്യത്വബോധമില്ല എന്നുള്ളത് കല്പിതമാണ് അതുകൊണ്ടത് നിലനിൽക്കുന്നുമില്ല നശിക്കുന്നുല്ല നിലനിന്നിട്ട് നശിക്കുകയില്ല ഞാൻ പ്രതീതിയെ ഇല്ലാതാക്കണമോ അതും ഇല്ലാതാക്കണമോ ഇന്ന് തത്വജ്ഞാനത്തിന്റെ ആവശ്യം എന്തോ ഉറങ്ങിയ അല്ലെങ്കിൽ ഭാഷകാരം പറഞ്ഞതുപോലെ സമാഹിതനാകുക മനസ്സിനെ നിരോധിക്കുക അതിനും ഒയ്യാന്നുണ്ടെങ്കിൽ ക്ലോറോഫോം മണപ്പിച്ചു കൊടുക്കാം പ്രതീതി ഇല്ലാതാവും ഒരു പ്രതീതിയും കാണത്തില്ല അതിനൊന്ന് തത്വജ്ഞാനത്തിന്റെ ആവശ്യം തത്വജ്ഞാനം കൊണ്ട് എന്താണെന്ന് ഗ്രഹിക്കുന്നത് ഇത് അവിദ്യ കല്പിതമാണ് തത്വം പ്രതീതി ഉണ്ടായിരിക്കോ ഇല്ലാതിരിക്കുകയോ ആ പ്രതീതി അതിന്റെ ഉത്പത്തിയോ പ്രതീതി ഇല്ലാതാകുന്നതിന്റെ നാശമോ അല്ല അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആത്മലാഭോ അസ്ഥി തത്വജ്ഞനും പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട് തത്വജ്ഞനും പ്രപഞ്ചഭേദത്തിന്റെ അനുഭവം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തിന്റെ അനുഭവമുണ്ട് പക്ഷെ ആ അനുഭവം അസത്യമല്ല കേവലം പ്രതീതി മാത്രമാണ് ഭേദാനുഭവം പക്ഷെ തത്വം സത്യാനുഭവം ഉണ്ടാകും എന്താണോ സർവവും ഏകമായ തത്വം തന്നെ ഈശാവാസ്യമിതം സർവം ആ തത്വബോധമുണ്ട് ആ തത്വബോധത്തിൽ പ്രതീതികൾ ഉണ്ടാവുകയോ മറയുകയോ എന്ന് ചെയ്യാം അതൊന്നും അവയുടെ സത്യമോ സത്യമായ നിലനിൽപ്പോ പരമാർത്ഥത്തിലുള്ള നാശമോ അല്ല എന്നാ വിദ്യയോഹോ തദ്ധർമത്വം ഇത് ചേ പ്രത്യക്ഷത്വ അടുത്തൊരു വിഷയം ചർച്ച ചെയ്യുകയാണ് ഇത് നമുക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിദ്യയും അവിദ്യയും തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം വിദ്യ ഉണ്ടല്ലോ ജ്ഞാനം ഉണ്ടല്ലോ ജ്ഞാനം കൊണ്ടാണല്ലോ അജ്ഞാനം നശിച്ചത് സംശയം ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പരിശ്രമിക്കുന്നത് അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല അദ്വൈതത്തിലും സാധനയുണ്ട് അദ്വൈത സാധന അങ്ങനെ നിഷേധിക്കുന്നില്ല പക്ഷേ അത് വ്യക്തമായ തത്വബോധത്തോടുകൂടിയായിരിക്കണം ജ്ഞാനത്തിന് വേണ്ടി എന്തിനു പരിശ്രമിക്കുന്നു ആ ജ്ഞാനം കൊണ്ട് ആത്മാവിന്റെ ഒരു അനുഭൂതി അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു പ്രത്യക്ഷം ഇതിനൊന്നും വേണ്ടിയിട്ടുണ്ട് അതൊന്നും ജ്ഞാനം കൊണ്ട് സാധ്യമില്ല അതുകൊണ്ടാണ് ജ്ഞാനം വ്യർത്ഥമാണെന്ന് പലയിടത്തും പറയുന്നത് ജ്ഞാനത്തിന് ആത്മാവിന് പ്രത്യക്ഷമാക്ക ഒക്കത്തിൽ എന്തുകൊണ്ട് ആത്മാവ് സ്വയം പ്രത്യക്ഷമാണ് ജ്ഞാനത്തിന് ആത്മാവിന്റെ അനുഭൂതി ഉണ്ടാക്കാൻ അമ്പലത്തിൽ എന്തുകൊണ്ട് ആത്മാവിസ്വയം അനുഭൂതി അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിൽ ബോധ്യം വരാത്ത ഒരു കാര്യമാണ് സൂര്യനെ പ്രകാശിപ്പിക്കാൻ മെഴുനീരി വെളിച്ചത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അത് കലകൃതിക്ക് സമ്മതിക്കും സ്വാമി ബുദ്ധിമാനാണെന്ന് പറയും പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആത്മാവിനെ പ്രത്യക്ഷമാക്കുന്ന ഒരു ജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കും നമ്മുടെ മന്ദബുദ്ധിയായിപ്പോ ആത്മാവിന്റെ അനുഭവപ്പെടുത്തുന്ന ഒരു ജ്ഞാനം അനുഭൂതി അങ്ങനെ ഒരു ജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല മറ്റത് മനസ്സിലാവും അതുകൊണ്ടാണ് ഉപമകളിലൂടെ കാര്യം പറയുന്നത് ഉപമകളിലൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ പറയുന്ന തത്വം മനസ്സിലായെങ്കിലും ഉപമ ഏറെക്കുറെ മനസ്സിലാവും ഉപമ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞാൽ തലഗുലിക്ക് സമ്മതിക്കും ഓ ഈ സ്വാമി പറയുന്നത് വലിയ ജ്ഞാനമാണ് എന്തുകൊണ്ടാണ് അവന് മനസ്സിലായത് ഊമയാണ് തത്വമല്ല അത്രയെങ്കിലും മനസ്സിലാകുമല്ലോ ഇവനൊരു സമാധാനമെങ്കിലും വരുമല്ലോ കാര്യം പരിഗണിച്ചിരുന്നെങ്കിലും തൽക്കാല സമാധാനം അതുകൊണ്ടാണ് ഗുരുക്കന്മാർ സംസാരിക്കുന്നത് മൂഢന്റെ സമാധാനത്തിന് വേണ്ടി മൂഢനെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്താണോ അവനൊരു സമാധാനം വലിയ ശല്യമാണ് ഗുരുവിന് ഇരിക്കപ്പെടുത്തി ഉണ്ടാവില്ല നമ്മളൊരു തൽക്കാല ശാന്തി മുട്ടശാന്തി അതിനുവേണ്ടിയിട്ടാത് പറയുന്നു അതിവിടെ ഭാഷ്യകാലം നിശ്ച